സത്യമില്ലാതെ ഭൂമിയിൽ അഹങ്കരിക്കുന്നവരെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും അവർ എല്ലാ ദൃഷ്ടാന്തങ്ങളും കണ്ടിട്ടും അവയിൽ വിശ്വസിക്കുകയില്ല നേർവഴിയെ കണ്ടാലും അവർ അതിനെ വഴി സ്വീകരിക്കുകയില്ല എന്നാൽ ദുർവഴിയെ കണ്ടാൽ അതിനെ അവർ വഴി സ്വീകരിക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചതിനാലും അവയെക്കുറിച്ച് അശ്രദ്ധരായതിനാലുമാണത്